ഭിന്നഹാമോഹാമരാജായ അപരോക്ഷേദനം ഉള്ളവൻ സംവേദനത്തെ അറിയുന്നവൻ ആത്മാവ് സംവേദന ആശ്രയമായിട്ട് അപരോക്ഷമാകുന്നില്ല അങ്ങനെ ആകുമെന്നാണ് ആര് പറയുന്നത് അത് ശരിയല്ല എന്തുകൊണ്ട് അപരോക്ഷത്വ സംവേദനപത് അനുമാനത്തിലൂടെ അത് ശ്രദ്ധിച്ച് അതുകൊണ്ട് പ്രഭാകരം പറയുന്ന പോലെ സംവേദനാശ്രയതയ സ്ഫുരണം അത് ശരിയാകത്തല്ല മാനസപ്രത്യക്ഷ അത് ശരിയാകും മാനസപ്രത്യക്ഷ സ്വീകരിച്ച കർമ്മത്വം വരും കർമ്മത്വം എന്ന് കഴിഞ്ഞാൽ ജ്ഞാനത്വം പോവും എന്നിട്ട വിപക്ഷേ ബാധക തർക്ക അനുമാനത്തെ കുറിച്ച് പറയാണ് ഈ അനുമാനത്തിൽ വിപക്ഷ ബാധക തർക്കമില്ല എന്ന് പൂർവ്വപക്ഷി പറയാം വിപക്ഷം എന്താണ് എന്താണ് വിപക്ഷം എന്താണ് വിപക്ഷം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ എങ്ങനെ സാധ്യത പലതവണ ആവർത്തിച്ചതാണ് ഈ പക്ഷം തുടക്കം പോലെ ഞാൻ പറയുന്നു ഓർമ്മയില്ല മിക്കവർക്കും എന്നുവച്ചാൽ അത് തന്നെയാണ് പക്ഷത്തിൽ സാധ്യമില്ല എന്നു വന്നുകഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് വ്യക്തിയുണ്ടെന്നാണ് ഒരു അനുമാനം നടത്തുമ്പോൾ പറയണോ നിങ്ങളീ പറയുന്ന സാധ്യം പക്ഷത്തിൽ എന്നാൽ അതിനെ നിഷേധിക്കാനുള്ള വ്യക്തി പറയണു അതാണ് വിപക്ഷപാതക തർക്കം അതില്ല എന്ന് പറഞ്ഞാലോ എന്ന ആര് പറയും സിദ്ധാന്തി ആര് പറയുന്നുപക്ഷതക തർക്കം ഇല്ല എന്നാല് പറയുന്നു എന്നാ പറയുന്നു ഇത് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് ആദ്യം വരുന്നതല്ല വിപക്ഷ ബാധക തർക്കമില്ല വിപക്ഷത്തെ ബാധിക്കുന്ന തർക്കമില്ല എന്നു പറയും അദ്വൈതി അനുമാനം നടത്തിയപ്പോ പ്രാഭാകരൻ പറയാണ് വിപക്ഷത്തെ ബാധിക്കുന്ന തർക്കം നിങ്ങളുടെ പക്ഷത്തില്ല എന്ന് ഗുരു പറയും പക്ഷത്തിൽ സാധ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന തർക്കം നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ പറയും നച എന്ന് പറഞ്ഞാ ഉണ്ട് എന്ന് പറയുമ്പോ ആര് പറയുന്നു സിദ്ധാന്തി എന്ന് പറഞ്ഞാൽ അദ്വൈതി പറയുന്നു അങ്ങനല്ല ഞങ്ങളേല് തർക്കമുണ്ടെന്താണ് സുസത്തായ പ്രകാശവ്യഭിചാരവത പ്രകാശാന്തരാധീന വ്യവഹാരവുത്തി കഥാചി സംശയാദിഗോചരത്വപ്രസംഗ ബാധകത്വ എന്നുമുമ്പും വന്നിട്ടുള്ളതാണ് സുസത്തായാംശ വ്യഭിചാരയിൽ പ്രകാശമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞെന്താട് ഞാനും ഏ എന്താണ്പ്രകാശത്വമില്ല ഘടത്തെ എടുക്കുക ഘടസത്ത എന്ന് പറയുമ്പോ ഘടത്തിന്റെ അസ്തിത്വം തന്നെ അതിൽ പ്രകാശമില്ല എന്ന് പറഞ്ഞാൽ ഘടത്തിൽ പ്രകാശമില്ല ഘടം പ്രകാശമില്ല എന്നർത്ഥം സ്വസത്തയിൽ പ്രകാശമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ വസ്തുപ്രകാശം അല്ലാതിരിക്കുക എന്നുവെച്ചാൽ ആ വസ്തുജ്ഞാനം അല്ലാതെ അണുസ്വസത്തല്ലാന്ന് വന്നു കഴിഞ്ഞാലോ പ്രകാശാന്തര അധീന വ്യവഹാരവത്വേ അപ്പൊ ഘടവ്യവഹാരം പ്രകാശാന്തര അധീനം ഭവതി മറ്റൊരു പ്രകാശം കൊണ്ട് അതിനെ പറ്റും എന്ന് വെച്ചാ അയം ഘട എന്ന് വിവഹരിക്കണമെങ്കിൽ ജ്ഞാനം വേണം ഘടസ്വയം ജ്ഞാനമല്ല ഘടം വേണം അല്ല അപ്പൊ ഘടവ്യവഹാരം എന്തുകൊണ്ടേ സാധ്യമാവും ജ്ഞാനം കൊണ്ട് അതിന് ഭിന്നമെന്ന് പറയേണ്ടി വരും ഉണ്ട് ഘടം ജ്ഞാനമല്ലെങ്കിൽ പിന്നെ ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ് ഘടം ഘടത്തിൽ നിന്ന് ഭിന്നമാണ് ജ്ഞാനം അങ്ങനെ വരും കഥാചി സംശയാതിഗോചരത്വപ്രസംഗ സ്വ ബാധകത്വമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യവഹാരം ജ്ഞാനത്തിലൂടെ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംബന്ധിച്ച് സംശയവും വിവരവും എല്ലാം ഉണ്ടാകാം സ്വയം ജ്ഞാനമല്ല ഘടം അസ്ഥിന സംശയമുണ്ടാവാം എന്തുകൊണ്ടത് സ്വയം ഞാനുമെല്ലാം മറിച്ച് അത് ജ്ഞാനത്തെ ആശ്രയിച്ച് അതിന്റെ വ്യവഹാരം നടക്കുകയാണ് ജ്ഞാനത്തെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്ന ഏതായാലും അത് ജ്ഞാന ഭിന്നവുമായിരിക്കും അതിനെ സംബന്ധിച്ച് സംശയമുണ്ടാവാം എന്നുവച്ചാൽ ജ്ഞാനത്തിൻ്റെ ആശ്രയം ആയി വ്യവഹരിക്കുന്ന എന്തായാലും ശരി അത് ജ്ഞാനസ്വരൂപമല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സംശയകാര്യങ്ങൾ ഉണ്ടാകാം ഘടകമെന്ന് പറയുന്നത് ജ്ഞാന വിഷയമായിട്ട് വ്യവഹാരം നടക്കുന്ന അതുകൊണ്ട് തന്നെ ഘടത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാകും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഘടകം എന്താകണം ജ്ഞാനസ്വരൂപമാകും ജ്ഞാനസ്വരൂപത്തിൽ മാത്രമേ സംശയാദികൾ വരാൻ പറ്റില്ല എന്നുള്ളത് ജ്ഞാനമാണ് അതിന് ജ്ഞാനമല്ലാതെ മറ്റൊന്നും വരത്തില്ല അതുകൊണ്ട് ജ്ഞാനസ്വരൂപത്തിൽ ജ്ഞാനമല്ലാതെ മറ്റെന്തെങ്കിലും വരൂ വെളിച്ചത്തിൽ ഇരുട്ട് വരൂ വരുന്നില്ല സ്വസം <laughs> പ്രകാശവ്യചാരമ പ്രകാശാന്തരാധീന വ്യവഹാരവത്വ ക സംശയാദിഗോചരത്വപ്രസംഗസേ ബാധകത്വം ഇതാണ് വിരോക്ഷബാധക തർക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുമാനത്തിൽ എന്ത് പറഞ്ഞു സംവേതിത സംവിധാശ്രയതയാ പരോക്ഷം നോക്കും എന്ന് പറഞ്ഞു അറിയുന്നവൻ അറിവിനെ ആശ്രയിച്ചല്ല അപരോക്ഷമാകുന്നു പിന്നെയോ സ്വയം അറിവായി അണാഭ അപരോഷമാകുന്നു അറിയുന്നവൻ അറിവിനെ ആശ്രയിച്ചിട്ടല്ല അപരോഷമാകുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നവനായ ആത്മാവ് പ്രാഭാകരം പറയുന്ന പോലെ മാനസ പ്രത്യക്ഷവുമല്ല അല്ലാർത്ഥയും പറയുന്നു പ്രാഭാകരം പറയുന്ന പോലെ അറിവിന്റെ ആശ്രയമായി അപരോക്ഷമാകുന്നു അല്ല അത് സ്വയം തന്നെ ജ്ഞാനസ്വരൂപമാണ് അപരോക്ഷമാണ് എന്താ കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ സംശയൗ ആത്മാവിനെ സംബന്ധിച്ചുണ്ടായുകൊണ്ടത് സ്വയം അറിവല്ല അറിവിനെ ആശ്രയിച്ചാണ് അതിന്റെ വ്യവഹാരം സംഭവിക്കുന്നത് ഹസ്മി ഇത് വ്യവഹാരമാണ് ഇത് അറിവിനെ ആശ്രയിച്ചിട്ടാണ് എന്ന് വന്നുകഴിഞ്ഞാൽ അതറിവല്ല അറിവില്ലാത്ത ഒന്നിൽ അറിവിന് വിഷയമാവുന്നത് കൊണ്ട് അത് സംശയം വരാം അറിവ് സ്വയം പ്രകാശരൂപമായതുകൊണ്ട് അതിൽ സംശയം വരാൻ വഴി സംശയം വരുന്ന അറിവല്ലാത്ത കൊണ്ടാണ് അറിവെന്ന് പറഞ്ഞാൽ തന്നെ സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് പിന്നെ അങ്ങനെ സംശയം വരും വരാൻ പറ്റില്ല എന്നിട്ട് പ്രകാശം എന്ന് പറയുമ്പോ പ്രകാശത്തിന്റെ സ്വഭാവത്തിൽ നിന്നും വിപരീതമായി ഒന്നും അതി സംഭവിക്കത്തില്ല അഗ്നി ഉഷ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ശീതം വരത്തിൽ അറിവ് പ്രകാശ സ്വരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രകാശരാഹിത്യം വരത്തില്ല സംശയം എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഉണ്ടോ ഇല്ലയോ ഇല്ല എന്ന് പറയുന്നു ഉണ്ടെന്നും പറയുന്നു ഒരു ഭാഗത്ത് അംഗീകരിക്കും വേറെ ഭാഗത്ത് നിഷേധിക്കുകയും ചെയ്യുന്നു പ്രകാശരാഹിത്യം വരുന്നു അത് വരാൻ പാടില്ല അതിൽ അതിന്റെ വ്യാഖ്യാനത്തിലുള്ളൊരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ആയാലും നമുക്ക് അർത്ഥം മനസ്സിലാവും അപ്പൊ മനസ്സിലായില്ലേ മാറ്റം വരുത്തേണ്ട കാര്യമില്ല പിന്നെ മാറ്റം വരുത്തിയ ഇതാണ് നേരത്തെ വന്ന് അതേ പൂർവ്വപക്ഷ കൂടെയും വരണം എന്താണോ പ്രകാശാധീന വ്യവഹാരമുള്ളതിൽ ഉണ്ടെങ്കിൽ അതിന് സംശയാദികൾ വരുമെന്ന് പറഞ്ഞു സുഖാനുഭവം സുഖാനുഭവം വന്ന അവിടെ സംശയം വരുന്നില്ലല്ലോ ഒരു പ്രകാശാന്തര അധീന വ്യവഹാരമാണല്ലോ സുഖജ്ഞാനമാണോ സുഖത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിട്ട് ജ്ഞാനത്തിൻ്റെ വിഷയമായി സുഖം അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് സ്വസത്തായം പ്രകാശ വ്യഭിചാരമുണ്ട് എന്നുവെച്ചാൽ സുഖം സ്വയം ജ്ഞാനമല്ല പ്രകാശാന്തര അധീന വ്യവഹാരവും അവിടെ സുഖജ്ഞാനത്തിന് അധീനമാണ് സുഖവ്യവഹാരം സുഖി അവിടെ ഈ സംശയമൊന്നും വരുന്നില്ല അപ്പോൾ സുഖജ്ഞാനമാണ് ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞ തർക്കം സുഖത്തിപ്പോയി അതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ ചേർക്കും എന്താണ് നിത്യജ്ഞാനത്വ ജ്ഞാനത്വമായി സ്വീകരിച്ചില്ലെങ്കിൽ എന്നൂടെ ചേർക്കും നിത്യജ്ഞാനത്വം അനംഗീകാരം ജ്ഞാനത്വമായി സ്വീകരിക്കണം അപ്പം ജ്ഞാനത്വമായി സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും സ്വീകരിക്കും ആത്മാവ് ജ്ഞാനമാണ് അല്ലെങ്കിൽ ജ്ഞാനത്വമാണ് ആത്മാവിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് സംശയാതിരഹിതമായി നടക്കുന്നതുകൊണ്ട് ആത്മാവ് ജ്ഞാനമാണ് ജ്ഞാനസ്വരൂപമാണ് അതുപോലെ നേരത്തെ തന്നെ സമാനം പറഞ്ഞു സാക്ഷി ഭാസ്യമാണോ നേരത്തെ ഇതേ വിഷയം വന്ന ഓർമ്മയേണ്ട അപരോക്ഷത്വത്തെ അപരോക്ഷത്വത്തെ സംബന്ധിച്ചു വന്നു അപരോക്ഷത്വത്തെ സംബന്ധിച്ചു വന്നു കാക്കാദികൾ അപരോക്ഷമല്ലേ സാക്ഷിയോടെ അപരോക്ഷമാണോ ഷുക്കാദികൾ നമ്മള് പറഞ്ഞു സുഖാദികൾ ഞാനും ഇല്ലാതെപ്പോഴും അത് അപരോക്ഷമല്ലേന്ന് പറഞ്ഞത് സാക്ഷിയുടെ അപരോക്ഷത്വമാണോ സുധുക്കാദികളുടെ അപരോക്ഷം സാക്ഷിയുടെ അപരോക്ഷമാണോ അതിൽ സാക്ഷിയിലത് അധ്യാരോപിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് സാക്ഷിയുടെ അപരോക്ഷത്വം അതി വരുന്നു സ്വയം അപരോക്ഷമല്ല അവിടെയും ജ്ഞാനാധീന വ്യവഹാരമാണ് അതിനുള്ളത് ഇവിടെ സുഖം ആണോ ചോദ്യം സുഖം ആണോ അതല്ലേ ചോദ്യം ഈ നിയമം ഇങ്ങനെ പറയുമ്പം സ്വസത്തായം പ്രകാശം പ്രകാശാന്തരീന വിഹാര സംശയാദി ഗോചരം എന്ന് പറഞ്ഞാൽ സുഖത്തിൽ അത് കാണുന്നില്ല സ്വസത്ത സുഖസത്ത പ്രകാശിചാരം അവിടെയുണ്ട് അത് ജ്ഞാനമല്ല പ്രകാശാന്തര അധീന വ്യവഹാരമുണ്ട് ജ്ഞാനത്തിന് അധീനമാണ് അതിന്റെ വ്യവഹാരം പക്ഷെ അത് സംശയാദി വിഷയമാകുന്നില്ല അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വസ്വത്തായ ജ്ഞാനത്തെയ അത് സ്വയം ജ്ഞാനമാണെങ്കിൽ സംശയാദികൾ സംശയാദികൾക്ക് വിഷയമാകുന്നില്ല അതിന് സുഖാദികൾ പോകുന്നില്ല എന്തുകൊണ്ട് അത് ജ്ഞാനമല്ല പ്രകാശാന്തര അധീന നിത്യം നിത്യജ്ഞാനത്വം ഇവിടെയുണ്ട് ആത്മാവ് നിത്യജ്ഞാനമാണ് അത് സിദ്ധാന്തിയുടെ പക്ഷേ പറയുകയോട് അത് പറയുമ്പോൾ അംഗീകരിക്കണമെന്നുണ്ടോ നിത്യജ്ഞാന സിദ്ധാന്തം അതെല്ലാം തെളിയിക്കാൻ ശ്രമിക്കുന്നത് അനുമാനമുള്ള ഇത് തർക്കം അനുമാനം കഴിഞ്ഞു അവിടെ അനുമാനത്തിലൂടെ അനുമതി സിദ്ധിച്ചെന്താണോ ആശ്രയത്വേന അപരോഷമല്ല എന്ന് പറഞ്ഞാൽ സ്വരൂപേണപരോഷം അപ്പോ സംമേതിത ഞാൻ സ്വരൂപമാണെന്ന് സിദ്ധിച്ചു അത് ജ്ഞാനസ്വരൂപമായതുകൊണ്ട് പറയണം ഹനുമാനത്തിലൂടെ ജ്ഞാനസ്വരൂപം ശ്രദ്ധിച്ചല്ലോ അപ്പൊ അതില്ലെന്ന് പറയണമെങ്കിൽ പറയണം അത് ജ്ഞാനസ്വരൂപമായതുകൊണ്ടാണ് സംശയാദികൾക്ക് വിഷയമാറിച്ച് ജ്ഞാനസ്വരൂപം അല്ലെങ്കിൽ സംശയാദികൾക്ക് വിഷയമാവും സുഖാദികളോ സംശയാദികൾക്ക് വിഷയമാകുന്നില്ലല്ലോ പറയുന്ന ജ്ഞാനവും വേണ്ട പിന്നെ അവിടെ എന്തുകൊണ്ടങ്ങനെ വരുന്നു അതിന് ജ്ഞാനത്വത്ത് അധ്യസിച്ചിരിക്കുന്നു നേരത്തെ സമാനം പറഞ്ഞു വേറെ ഉണ്ട് തത്വദർത്ഥ സംവേദന ആശ്രയതയാ സ്ഫരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു വലിയ ദോഷം ഗുരു പറയുന്നത് ഉണ്ടാകുമ്പോൾ ഘടകം ജ്ഞാനത്തിന് വിഷയമാകുന്നതുപോലെ ആശ്രയത്തിവന് ആത്മാവിന്തിയും ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഘടജ്ഞാനത്തിൽ ആത്മാവിന്തിയും പ്രതീതി ഉണ്ടാവുന്നതാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഘടജ്ഞാനം ചാക്ഷുഷമായതുകൊണ്ട് ആത്മജ്ഞാനവും ജാക്ഷവും പറയേണ്ടി വരും കാരണം ജ്ഞാനം ഒന്നാണ് ഘടകം അതേ ജ്ഞാനത്തിൽ ആത്മാവ് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം ചാക്ഷിഷ ആത്മജ്ഞാനത്തെ എന്തുകൊണ്ടവിടെ ഘടവുമായിട്ടുള്ള ഇന്ദ്രിയാർത്ഥ സന്നിവേഷമുള്ളതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടായത് ആ ജ്ഞാനത്തിന്റെ വിഷയം ആ ജ്ഞാനത്തിൽ ഘടം പ്രകാശിക്കുന്നതുപോലെ ആത്മാവ് പ്രകാശിക്കുന്നു അപ്പത് ചാക്ഷാന അപ്പോ ആ ചാക്ഷം ജ്ഞാനം എന്ന് വന്നുകഴിഞ്ഞാൽ എന്തുവരും ആത്മാവ് ചാക്ഷുഷമെന്ന് പറയേണ്ടി അതില് പ്രാഭാകർ ഉത്രം പ്രാഭാകന്മാർക്ക് ഉത്രേല്ലോ ഇത് ചോദിച്ചാൽ പ്രാഭാകന്മാർക്കുത്ര ഇങ്ങനെ എല്ലാവരും ഉണ്ടാകണത് പ്രഭാരം പറയുന്ന എന്താണ് അതെങ്ങനെ നിങ്ങൾ എന്തെല്ലാം വിശേഷം പറയാം ഞങ്ങളുടെ ആത്മാവിന്റെ ജ്ഞാനം കൊണ്ട് സമ്മതിക്കടജ്ഞാനത്തിൽ ആത്മാവിന്റെ ജ്ഞാനവും സമ്മതിക്കടജ്ഞാനം ചാഷമാണെന്നും പറയാം പക്ഷെ ആത്മാവ് ചാഷം എന്നങ്ങനെ പറയും കാരണം ആത്മാവ് ക്ഷത്വം എങ്ങനെ വരും അവര് വരാൻ വഴിയില്ലല്ലോ മറ്റേത് ഇന്ദിരാടത്ത് സന്യാഷം ഉണ്ടാവുന്നു അതുകൊണ്ട് അവിടെ രാഷ്ട്രത്വം വന്നു അപ്പാട്ട് ഇന്ദിരാടത്ത് സന്നിഷമുണ്ടോ ഇല്ലല്ലോ പിന്നെ രാഷ്ട്രവും പറയും അവർ പറയാം പ്രസക്തല്ലാതായിരുന്നു ചോദ്യം അദ്വൈതി അദ്വൈതി പറയുന്നത് നിങ്ങൾക്ക് ഘടജാനം ഉണ്ടാവുന്നുണ്ടോ ഉണ്ട് ചാക്ഷത്വം ഉണ്ടോ ഉണ്ട് അതേ ജ്ഞാനത്തിലല്ലേ ആത്മാവും പ്രകാശമാവുന്നു രണ്ട് ഞാനും ഇല്ലല്ലോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചാക്ഷത്വം അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും രണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ ശരി ഘടജാനത്തിൽ ചാക്ഷരത്വമുണ്ട് ആത്മജ്ഞാനത്തിൽ ചാക്ഷത്വം ഇല്ലാതെ പറയാം ഇത് ഞാനൊന്നാണ് ഒരു ജ്ഞാനത്തിൽ രണ്ടും ഒന്നാശ്രയമായിട്ട് സ്ഫിരിക്കുന്നു സ്ഫിരിക്കുന്നു വിഷയാംശത്തിന് സാക്ഷരത്വമുണ്ട് ആശ്രയാം അങ്ങനെ അത് പറയും പ്രഭാകരൻ അത്ര മോശക്കാരനാണോ പ്രഭാകരൻ എന്തു പറയണെന്ന് നമ്മളങ്ങോട്ട് പഠിപ്പിക്കണോ പ്രഭാകരൻ പറഞ്ഞോളും പ്രവാകരന് വിവരമുണ്ട് അവര് പറയും ഇന്നത് പറയണോന്ന് നമ്മള് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഘടകത്തിൽ <coughs> അതെല്ലാം അമ്മാവിനോളൂ അപ്പോ അവിടെ ചാക്ഷത്വം വരുമെന്ന് അതാണ് പറയുന്നത് തജ്ജനത ഭാസമാനത്തായവ തജ്ജനതെന്ന് പറഞ്ഞ ക്ഷുഷത്വ ചുന്ദ്രിയ സംയോഗജന്യമായ ജ്ഞാനത്തിൽ ഭാസമാനത ഭാസമാനത്വം ഉണ്ട് ഏതിന് ആത്മാ അതാണെന്ത് തത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഘടനത്തിൽ ആത്മാഭാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ചാഷത്വം വരും എന്നാൽ ചാഷത്വ സ്വീകരിക്കാൻ പറ്റൂ അതും പറ്റത്തില്ല എന്തുകൊണ്ട് നീരൂപ സ്വീക ദ്രവീശ ചാക്ഷത്വ യോഗ ആത്മാവെന്ന് പറയുന്നത് നീരൂപമായ ദ്രവ്യമാണ് രൂപരഹിതമായ ദ്രവ്യമാണ് അല്ലെങ്കിൽ ചാക്ഷത്വം വരും അത് വരാൻ പാടില്ലല്ലോ വേണമെങ്കിൽ പറയാം എന്താണ് ചക്ഷിരേന്ദ്രിയം ദ്രവ്യമാണ് പരമാണോ ദ്രവ്യമാണ് ആത്മാദ്രവ്യമാണ് രണ്ട് ദ്രവ്യങ്ങളെന്ന് സംയോഗം വന്നൂടി വന്നൂടെ പക്ഷെ എന്ന് വിചാരിച്ച് ആത്മജ്ഞാനത്തിൽ ചാക്ഷത്വം വരത്തില്ല സംയോഗം വേണമെങ്കിൽ പറയാം പക്ഷെ ആത്മജ്ഞാനത്തിൽ ചാഷത്വം വരുന്നില്ല അങ്ങനെയാണെങ്കിൽ പരമാണുവിന്റെ പ്രത്യക്ഷം ഉണ്ടാവണം ഉണ്ടോ പരമാണു ആയിട്ടുള്ള ഇന്ദ്രിയ സന്നിവേഷം പരമാണുവിന്റെ ജ്ഞാനം ഉണ്ടാകും ഇങ്ങനെ അനുമതിയിലൂടെ അപ്പോ ഇവിടെ പരമാണുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അനുമതി ജ്ഞാനം ഉണ്ടായി ചാക്ഷത്വമാണ് എന്തുകൊണ്ട് ഇന്ദ്രിയ സന്നിധർഷമുണ്ട് പക്ഷെ അതങ്ങീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഏതിനെയാണ് ചാക്ഷം എന്ന് പറയുന്നത് യോഗ്യമായ എവിടെയാണോ ചാക്ഷജ്ഞാനം ഉള്ളത് അതിനെ ചാക്ഷം എന്ന് പറയാൻ പറ്റും അപ്പോ ഘടനം എന്ന് പറയുന്നിടത്ത് ചാക്ഷത്വമുണ്ട് അതുകൊണ്ട് തന്നെ ചാക്ഷം എന്ന് പറയാം അപ്പോൾ ആ ജ്ഞാനത്തിൽ വരുന്ന ആത്മജ്ഞാനത്തെയും ചാക്ഷവും എന്ന് പറയാം അത് പറയാൻ പറ്റും അല്ല സന്നിഹർഷമുണ്ട് അതുകൊണ്ട് ചാക്ഷജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല സന്നികർഷമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയവും എന്ന് പറയുന്ന ദ്രവ്യവുമാണ് ഇതെല്ലാം ദ്രവ്യമാണ് അപ്പോൾ ഇന്ദ്രിയം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് വരും എല്ലാട്ടും സന്നി ഘർഷം വരും അപ്പോൾ അങ്ങനെ ചാക്ഷൻ പറ്റില്ല എല്ലാം ചാക്ഷമാകും പല ദ്രവ്യങ്ങളല്ലേ സംയോഗം വരുമല്ലോ ചാക്ഷീന്ദ്രിയം പുറത്തു വരേല്ലേ ഇവിടെയുള്ള പരമാണ് എല്ലാമായിട്ടും അതിന് സംയോഗം വരും പക്ഷെ അതിന്റെ ജ്ഞാനത്തെ ചാക്ഷജ്ഞാനം എന്ന് പറയൂ ഇല്ല അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ചാക്ഷുഷ ചാക്ഷീന്ദ്രിയൂടെ ഉണ്ടാകുന്ന ജ്ഞാനം തജ്ജനിതജ്ഞാനം അനുമാനം നടത്തുന്നു അനുമതി അതങ്ങനെയാ ഉണ്ടായത് പരമാണുവിന്റെ അനുമതി ഉണ്ടായി പക്ഷെ അത് ചക്ഷുരേന്ദ്രിയ ജന്യമായ ജ്ഞാനം അല്ല അതുകൊണ്ടിനി കൂടുതൽ അവസരമൊന്നും ലാഭാകരനില്ല ഉള്ള അവസരമൊക്കെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് അതിന് ചാക്ഷൊന്നും സ്വീകരിക്കാനും പറ്റില്ല എന്നാൽ ആ ജ്ഞാനത്തിൽ ആത്മാവ് പ്രകാശിക്കുന്നു എന്ന് പറയും വേണം എന്നാൽ അത് ചാക്ഷണമല്ലതാണ് പിന്നെ സാക്ഷിരേന്ദ്രിയ സംയോഗം കൊണ്ടുണ്ടാകുന്ന ഒരു ജ്ഞാനത്തിൽ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചാക്ഷണമായി സ്വീകരിക്കേണ്ടി വരും നിർബന്ധിതനാകും അല്ല എന്ന് പറയാൻ വഴിയൊന്നുമില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാകും പറയുന്നു നീരുപസ്ഥ ദ്രവ്യ രാഷത്വയോ നീരൂപമായ ഒരു ദ്രവ്യത്തിനെ നിങ്ങളങ്ങനെ ചാഷവമായി സ്വീകരിക്കും ഇത് രണ്ടു വഴിയേ ഉള്ളൂ ഒന്നുകിൽ സമ്മതിക്കണം എന്താണ് ഇന്ദിരാളിത് സന്നിഷത്തിലൂടെ ഉണ്ടാകുന്ന ആ ജ്ഞാനത്തിൽ ആത്മാവ് പ്രകാശിക്കുന്നില്ല പ്രശ്നം തീരുന്നു പ്രകാശിക്കുന്നുവെന്ന് വന്നുകഴിഞ്ഞാൽ എന്ത് വരും ചാക്ഷത്വം വരും ഇനി ചാക്ഷത്വം വന്നാൽ എന്താ കുഴപ്പം നീരൂപമാണ് നീരൂപമായ ആത്മാവിന്റെ എങ്ങനെയാണോ രൂപത്തിന്റെ ദ്രവ്യത്തെ സംബന്ധിച്ച് രൂപത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ വരാം രൂപത്തിന്റെ കാഴ്ചപ്രത്യക്ഷം ഉണ്ടാകാം പക്ഷെ ദ്രവ്യത്തെ സംബന്ധിച്ച് അത് പറ്റില്ല നീരൂപമായ ദ്രവ്യത്തിന്റെ കാഴ്ചം സംബന്ധിച്ച് എല്ലാവർക്കും എന്താണ് ആത്മാവ് ദ്രവ്യമാണ് നീരൂപവുമാണ് എങ്ങനെ ചാഷം ഉണ്ടാവും അപ്പൊ ചാഷത്വം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ് ജ്ഞാനത്തിൽ ആശ്രയിത്ത ആത്മാവിന്റെ സ്ഫുരണം എന്ന് പറയാൻ കഴിയില്ല എന്നർത്ഥം അത് ഒന്നുകൂടി വ്യക്തമാക്കാം അനുമാനത്തിലൂടെ ആത്മാക്ഷജ്ഞാനി നപ്രകാശതി അരുവിദ്രവ്യത്വ ആകാശ്രോഗ ആകാശത്തിന്റെ പ്രത്യക്ഷ ചാക്ഷപ്രത്യക്ഷ സ്വീകരിക്കുന്നുണ്ട് ഭാട്ടന്മാര് ആകാശത്തിന്റെ ചാക്ഷപ്രത്യക്ഷ എങ്ങനെ അവർ പറയുന്ന നിങ്ങൾക്ക് മുമ്പിൽ എന്താ കാണുന്നത് സൂക്ഷിച്ചു നോക്കുക മുമ്പിൽ എന്താ കാണു ആകാശം തന്നെ മുമ്പിൽ നോക്കിയേക്കാണു നിങ്ങൾ ആകാശാവകാശം എന്ന് പറയുന്ന എന്തിനെ അവകാശം ഇടം കാണുന്നുണ്ടോ അഭിനാകാശം പ്രത്യക്ഷ ഭട്ടമതം കുമാരലഭട്ടൻ ആകാശം പ്രത്യക്ഷമാണ് കാരണം ഇവിടെ അവകാശം കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആകാശം പ്രത്യക്ഷമാണ് ചോദിക്കുക അത് നിങ്ങൾ കാണുന്ന പ്രകാശമല്ലേ ചോദിച്ചാൽ പ്രകാശരൂപേണ ആകാശം പ്രത്യക്ഷമാവും പ്രകാശരൂപത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമാവുന്നത് എന്താണ് ആകാശം തന്നെ അവകാശം ഇട ആകാശം എന്ന് പറയുന്നു പക്ഷെ സമ്മതിക്കൂ അദ്വൈ സമ്മതിക്കു അനുമാനമാണ് ആത്മാ പക്ഷം ചാക്ഷജ്ഞാനേ ന പ്രകാശത്തെ സാധ്യം എന്നുവെച്ചാൽ ചാക്ഷുഷജ്ഞാനത്വഭാവ എവിടെ ആത്മവിഷേക ചാക്ഷുഷ ജ്ഞാനത്വഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അരുവിദ്രവ്യത്വ ഹേതുപക്ഷത്തിലുണ്ടോ ആത്മാവിൽ അരുവിദ്രവ്യത്വമുണ്ട് ദൃഷ്ടാന്തം എന്താണ് ആകാശം നോക്കുക അരുവിദ്രവ്യത്വം ഉണ്ടോ ചാക്ഷൻ ഞാനതിൽ പ്രകാശിക്കുന്നുണ്ടോ അദ്വൈതി അംഗീകരിക്കൂഷ്ഞാനത്തിൽ പ്രകാശിക്കുന്ന അദ്വൈതി അംഗീകരിക്കൂരൂപരഹിതമായത് പ്രത്യക്ഷം അല്ലൂപാ തല മനാതി അധ്യസ്ഥന്തി ബാലാഹ് ആകാശം നിരൂപമാണെന്നുള്ളത് പ്രത്യക്ഷം അല്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നു തല മലിനാരികളെ ആരോപിക്കും പ്രതിപ്രയോഗം അതായത് ഈ പ്രതിപ്രയോഗം ആരോട് പ്രാഭാകനോട് അതായത് പ്രാഭാകരൻ പറഞ്ഞു ഘടാനത്തിൽ ആത്മാവ് എന്ന് വന്നുകഴിഞ്ഞാൽ അത് ചാക്ഷരത്വം വരും ആത്മാവിന്റെ ചാക്ഷജ്ഞാനത്തെ അംഗീകരിക്കേണ്ടത് അത് സാധ്യമല്ല എന്നുള്ള നീരൂപം ആയതുകൊണ്ട് അത്മാവുടെ ചാക്ഷരത്വ സാധ്യമല്ലെങ്കിൽ ഘടജാനത്തിൽ ആത്മാവിന്റെ പ്രകാശം ഇല്ല ആത്മാവ് ആശ്രയിത്തുവിനെ സ്ഫുരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല മറിച്ച് ആത്മാവ് എന്താണ് ഞാന് സ്വരൂപം തന്നെ ഇനി എന്തോ പ്രഭാകരന് പറയാൻ സ്വന്തം സിദ്ധാന്തം തന്നെ മാറ്റിവയ്ക്കുന്ന എന്താണ് ആത്മാ ഞാൻ ആശ്രയിത്തുവിനു ഇനി അത് പറയാൻ പറ്റത്തില്ല ഞാൻ പ്രകാശി സതിരൂപത്വ ആത്മനി രാക്ഷാമത്തെ ഹേതു ഇവിടെ കഴിഞ്ഞു എന്താണ് എന്താണ് ആദ്യത്തെ ഏത് എന്തായിരുന്നു അകർമ്മ്യോതിരി ആത്മനസ്വപ്രകാശത്വം ഇനി മൂന്നാമത്തെ വരുന്നെന്താണോ സ്വയം അത്രയും പുരുഷസ്വയം ജ്യോതിരി ആത്മാവപ്രകാശ ഡയറക്ട് മെത്തേഡാണ് പിന്നെ അത് ഇതും ഒന്നും കഴക്കറങ്ങി പിടിഞ്ഞോണ്ട എന്താണോ അത്രയും ജ്യോതി സ്വയം സ്വയം പ്രകാശ് ആര് ആരോട് പറഞ്ഞു യാജ്ഞവൽക്കൻ മൈത്രിയോട് പറഞ്ഞു എവിടെ പറഞ്ഞു ജ്യോതി ബ്രാഹ്മണൻ എത്ര അധ്യായം രണ്ടാമത്തെ നാലാമത്തെ അധ്യായത്തിൽ പക്ഷെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് രണ്ടാം അധ്യായമൊന്നാണ് നാലാം അധ്യായത്തിലാണ് നാലാം അധ്യായമാണ് ജ്യോതി ബ്രാഹ്മൺ ഇവിടെ എന്തുകൊണ്ട് രണ്ടാം അധ്യായം ഒന്ന് കൊടുത്തു എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് മൈത്രിയോടല്ലോ മൈത്രിയോട് അല്ലേ ജനകനോടോ മൈത്രിയോടോ എന്നാ ഞാനോട്ട് എനിക്കൊരു വിരോധമുണ്ട് അവിടെ സ്വപ്നത്തെ കുറിച്ചും ഇത് സ്വപ്നത്തെ കുറിച്ച് പറയുന്നിടത്താ പറയുന്നത് എന്ത് അത്രയും പുരുഷൻ സ്വയം ജ്യോതിഷാണ് സ്വപ്നത്തിൽ അപ്പോ അവിടെ ഈ സ്വയംപ്രകാശത്തും സിദ്ധിക്കാൻ എളുപ്പമാണ് സ്വപ്നത്തിൽ മറ്റൊന്നുമില്ലല്ലോ അത് തന്നെ എടുത്തത് അത്രയും പുരുഷസ്വയം ജ്യോതി ശ്രുതികാശോക്ഷി വരുന്നു ഈ പൂർവോക്ഷി എന്ന് പറയുന്നത് ആ അദ്വൈതം പോലെ ഒരാള് തന്നെ അദ്വൈതയോട് യോജിച്ചു പോകുന്നയാളാണ് കടുത്ത താർക്കികനൊന്നുമല്ല കുറെ ഒക്കെ അദ്വൈതത്തെ അംഗീകരിച്ചു കൊണ്ടാണ് കുറവ് പറയുന്നത് നന സ്വപ്നാവസ്ഥ അധികൃത്യ ഇതം അമ്മാനായതേ തത്ര മനസ്സോ അനുപരമാം നസ് ജ്യോതിഷ്ടോ ക്ഷസ്ഥയെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത് ശരി അമനായതേ മനസ്സോ അനുപരമാ മനസ്സോടെ ഉണ്ടല്ലോ സ്വപ്നത്തിന് മനസ്സില്ലേ ഉണ്ടോ എന്നാ സ്വയം ജ്യോതിഷ്ടം മനസ്സുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ സ്വയം ജ്യോതിസവും അപ്പൊ മനസ്സുണ്ടെങ്കിൽ മനസ്സാണ് അറിയുന്ന എല്ലാത്തിനെയും ആത്മാവാണ് അറിയുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും അറിയുന്നതിന്റെ കരണമാണെന്ത് മനസ്സ് മനസ്സുകൊണ്ടറിയുന്നു മനസ്സാണ് അറിയുന്നത് സ്വപ്നത്തിന് മനസ്സില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും സുഹൃത്തിയായിപ്പോ ആനയും കുതിരയൊക്കെ അറിയുന്നവരാ സ്വപ്നത്തിൽ മനസ്സിനെ സ്വീകരിക്കണം മനസ് അനുപരമാ മനസ് ഉപരമിക്കുന്നില്ല സുഷുയിലെ മനസ്സിന്റെ ഉപരമണം ഉള്ളു അതുകൊണ്ട് സ്വയം ജ്യോതിഷം വ്യാഖ്യാനത്തില് ഈ ശ്ലോകങ്ങളുടെ മന്ത്രങ്ങളുടെ സംഖ്യ കൊടുക്കുന്നത് ഈ പുസ്തകം എഡിറ്റ് ചെയ്യണവരാണോ അദ്ദേഹം തന്നെ എഴുതുമ്പോൾ സംഖ്യ കൊടുത്തിട്ടാണ് അല്ല പുസ്തകത്തിലൊന്നും കാണത്തില്ല ഇതൊക്കെ എഡിറ്റർ എഡിറ്റർ കൊടുക്കുന്നു സംഖ്യൊന്നും കൊടുക്കത്തില്ല കാരണം നീ സംഖ്യ തിരിച്ചുള്ള കണക്കൊന്നുമില്ല വേദപാഠമാണ് അതിങ്ങനെ ചൊല്ലിപ്പോവുകയാണ് ഇവരെല്ലാം ഇത് വേദാധ്യയനം ചെയ്തവരാണ് ഇതെല്ലാം അവർ മിക്കവാറും ഓർമ്മയിൽ നിന്ന് എഴുതുകയാണ് അപ്പൊ സംഖ്യുന്ന പ്രശ്നമേ നമ്മളെല്ലേ പുസ്തകം നോക്കി പഠിക്കും മിക്കവാറും പലരും എഴുതാറുമില്ല ചിലപ്പോൾ എഴുതി എന്നിരിക്കും എന്തായാലും മനസ്സിൽ മിക്കവാറും പഠിപ്പിച്ച് പഠിപ്പിച്ചെഴുതുന്നു മിക്കവാറും ഗ്രന്ഥങ്ങളൊക്കെ ഗുരുകുലങ്ങളിൽ രൂപപ്പെടുകയാണ് ഇപ്പൊ ഗ്രന്ഥം എന്ന് പറയുന്നു ഒരാള് പഠിപ്പിച്ച് പഠിപ്പിച്ച് തെളിയിച്ചെടുക്കുന്നതാണ് ജനംപൂർവ്വപക്ഷങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ഗുരുകുലങ്ങളിൽ ചർച്ച ചെയ്ത് പഴയ രീതി അങ്ങനെയാണ് പല ദോഷങ്ങളൊക്കെ പരിഹരിച്ച് അതിനൊരു അടുക്കിൻ ചുട്ടയും വന്ന് അത് പിന്നീട് ഗ്രന്ഥ രൂപത്തിലാവുകയാണ് ചെയ്യുന്നു ശിഷ്യന്മാരെ കൊണ്ട് എഴുതിക്കാമല്ല അന്ന് ലിപികന്മാര് തന്നെ ഉണ്ട് അവരുടെ പണിയെന്ന എഴുത്താണ് ഒരക്ഷരത്തിന് ഇത്ര കാശ് എഴുതുന്നവരുണ്ട് അവരാണ് അതുപോലെ എഴുത്ത് എല്ലാവർക്കും ബെച്ചില്ല ഒന്ന് എഴുതി പഠിക്കുന്നില്ലല്ലോ ഒന്ന് അവരുടെ എഴുതറിയ എഴുത്ത് എന്നൊക്കെ ടൈപ്പ് റൈറ്റിങ്ങും അല്ല ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളൊരു കുറവാണ് അതുപോലെ എഴുതുന്ന സ്പീഡിന് എഴുതാൻ എഴുതണ്ടേ അല്ലെ ഗണപതിയുടെ കഥ പറയുന്നു ഇവര് പറഞ്ഞു പോകുമ്പോൾ എഴുതി പോകണം അത് നല്ല എക്സ്പെർട്ട് ആൾക്കാർക്കേ പറ്റും അതിന് പ്രത്യേകം ഇന്നത്തെ പോലെ പേനയും മഷിയൊന്നും ഇല്ലല്ലോ ഈ ഗ്രന്ഥങ്ങള് പഠിക്കുന്ന ശിഷ്യന്മാരും മനസ്സിൽ തന്നെ വെച്ചിരുന്നത് കേട്ടിട്ടുണ്ട് കൂടുതലും അങ്ങനെയാണ് അല്ലെ ഗ്രഹണധാരണ പടർ ബാലഹെന്ന് പറയുന്നു അതല്ലേ ഈ കാണുന്ന ഈ കൊട്ടേഷൻ ഒന്നും ഒന്നില്ല പ്ലെയിൻ ഒന്നുമില്ല എഴുപുമ്പത്തന്നെ അവര് പിന്നെ വിരാമം മാത്രം സാധാരണ നിറത്തും നടത്തൊരു വരെ അങ്ങ് വരയ്ക്കും വിരാമചിഹ്നം ബാക്കിയൊന്നുമില്ല ഇതിലെല്ലാം എല്ലാം എഡിറ്റ് സ്വാധുനികന്മാരായ ആൾക്കാർ എല്ലാം ചേർക്കാണ് ഗ്രന്ഥവും പുസ്തകവും വ്യത്യാസം ഗ്രന്ഥം മനസ്സിൽ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അക്ഷരസംഖ്യ അനുസരിച്ചാണ് ഇത്ര അക്ഷരങ്ങളൊരു ഗ്രന്ഥം അതായത് പഴയ കണക്ക് അക്ഷരങ്ങൾ കൂടിച്ചേരുന്നതിനാണ് ഗ്രന്ഥം എന്നുപേരുന്നത് അത് പല കണക്കാണ് അത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ശമ്പളം കൊടുക്കാൻ ഗ്രന്ഥമനുസരിച്ചാണ് കാശ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു പേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രൂപ എന്ന് പറയും പോലെ ഇത്ര ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ഇത്ര കാശ് അപ്പോൾ ഓരോ സ്ഥലത്ത് ഇത്ര അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പൈസ കിട്ടും അങ്ങനെയാണ് ഈ ഗ്രന്ഥ കണക്ക് വന്നു പിന്നെ അത് പുസ്തകമായി പുസ്തകമാകുമ്പോൾ എഴുതി കഴിഞ്ഞാൽ എഴുത്തകു പറയുന്നത് പിൽക്കാലത്ത് വന്നാണ് പിൽക്കാലത്ത് ഭാഷയുടെ പരിണാമത്തിൽ ഒന്നാണ് പുസ്തകം പുസ്തിക എന്നൊക്കെ ഗ്രന്ഥമേ ഉള്ളൂ എഴുത്ത് തുടങ്ങുന്ന സമയത്ത് ഗ്രന്ഥം പിന്നെ പുസ്തകമായി മാറി ഇനി പുസ്തകമെന്ന് പറയുന്നത് തന്നെ ഒറിജിനൽ സംസ്കൃതമാണോന്ന് തന്നെ സംശയം വല്ല ഉറുദുവോ അതിന് സംസ്കൃതത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണുന്നുണ്ടോ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഗ്രഥി ഗ്രഥനെ പുസ്തകം എവിടെ നിന്നു പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ സംസ്കൃതമായിട്ട് വലിയ ഹിന്ദു എന്നൊക്കെ പറയും പോലെയുള്ള ശബ്ദങ്ങളാണ് സംസ്കൃത ഭാഷയെ പ്രാചീന സംസ്കൃതമായിട്ടൊന്നും അതിന് ബന്ധമില്ല പിൽക്കാലത്ത് വന്നു ചേരാം യവന ശബ്ദം വന്നില്ലേ അതുപോലെ തന്നെ